അദ്ദേഹം അവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വറ്റാനായ കൂടാതെ അവർ ആരാധിച്ചിരുന്നവരിൽ നിന്നും വിട്ടുനിന്നപ്പോൾ അദ്ദേഹത്തിന് ഇസ്ഹാഖ് അലിഹിസ്ലാമിനെയും യക്കൂബ് അലിഹിസ്ലാമിനെയും ഞങ്ങൾ സമ്മാനമായി നൽകി അവരെയെല്ലാം ഞങ്ങൾ പ്രവാചകന്മാരാക്കി